അള്ളാഹുസുബ്ഹാനുഹുവ ചായാലയെക്കുറിച്ച് സത്യമല്ലാതെ മറ്റൊന്നും പറയാതിരിക്കുക എന്നത് എന്റെ കടമയാണ് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ സന്തതികളെ എന്റെ കൂടെ അയക്കുക